ആളുകള് വരുന്നു ഭയങ്കര തിരക്കായി എല്ലാ അമ്പലങ്ങളിലും തിരക്കാണല്ലോ അപ്പോ അതുപോലെ അവിടെ ഭയങ്കര തിരക്കാണ് അപ്പോ മുമ്പൊക്കെ ആ ചുറ്റും കുറെ ഗ്രാമങ്ങളുണ്ട് ഗ്രാമീണരായിട്ടുള്ള പാവങ്ങള് സാധുക്കള് അവരന്നു പണിയെടുക്കാൻ പോയിട്ടില്ലെങ്കിൽ അവർക്കൊന്നും അവര് മാത്രമേ വരുവുള്ളൂ അവര് വന്ന് ഈ ഓരോ കുളത്തിലും മുങ്ങി ചുറ്റും അനേക തീർത്ഥങ്ങളുണ്ട് കുറെ കുളങ്ങളുണ്ട് ആ തീർത്ഥകുളങ്ങളിലൊക്കെ മുങ്ങും എന്നിട്ട് ഈറനോട് നടക്കും അന്നത്തെ ദിവസം ആ ഗ്രാമങ്ങളൊക്കെ ഒഴിഞ്ഞു കിടക്കും അറുപതോ അറുപത്തിനാല് ഗ്രാമങ്ങളോ മറ്റോ അതൊക്കെ ഒഴിഞ്ഞു അവരൊക്കെ വന്ന് പ്രദക്ഷിണ ചെയ്ത് അണാമലയ്ക്ക് ഹരഹറോ ഹര വന്ന് ചുറ്റിയിട്ട് പോകും അങ്ങനെ വരുമ്പോ അവര് രമണാശ്രമത്തിൽ വരും മഹർഷി വന്ന് വളരെയധികം സന്തോഷമായിട്ട് ആ കട്ടിലില് തയ്യാറായിട്ട് രാവിലെ മുതലിരിക്കണ്ടാവും ഇവർ വരുമ്പോ ഇവരുടെ പഴയ കാര്യങ്ങളൊക്കെ വിചാരിച്ചു നോക്കി വർത്തമാനമൊക്കെ പറഞ്ഞ് ഇവരൊക്കെ സ്വാമി സ്വാമി സ്വാമി എന്ന് പറഞ്ഞ് ഇവരൊക്കെ മഹർഷി മലയിലൊക്കെ നടക്കുന്ന കാലത്തൊക്കെ ഇവരൊക്കെ വളരെ ഫ്രീ ആയിട്ട് വന്ന് പല വർത്തമാനം പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഒരു ഉദാഹരണ ഒരു കഥ പറഞ്ഞാൽ പിച്ചാണ്ടി എന്ന് പറഞ്ഞിട്ട് ഒരു അവിടുത്തെ ഒരു ഈ പുല്ലിച്ചെത്തുന്ന മലയിൽ നിന്നും മുഞ്ചപ്പല്ലു പുല്ലുകൊണ്ട് പോകുന്ന പണിക്കാരനാണ് ആടുമിക്കിയ അതൊക്കെയാണ് പണി അയാള് ഒരു ദിവസം വിരൂപാക്ഷ ഗുഹയിൽ രമണ മഹർഷി ഇരിക്കുമ്പോ ഭഗവാനെ കണ്ട് കരയാന്ന് തുടങ്ങി അപ്പോ സെപ്റ്റംബർ ഒക്ടോബർ മാസമാണ് നല്ല തണുപ്പ് മഹർഷി ചോദിച്ചു ഏം പിച്ചാണ്ടിയെ ആഴറേ ശാമി കുളിരാധാ ശാമി സ്വാമിക്ക് ഇങ്ങനെ കുളിരില്ലേ ഇങ്ങനെ ഇരിക്കണമല്ലോ ഈ തണുപ്പും കൊണ്ടിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ എന്ത് ചെയ്തിരിക്കുന്നു പാവം വളരെ വിഷമിച്ച് അവൻ പണി ചെയ്ത് കിട്ടുന്നതിന് വളരെ കുറച്ചാണ് അതൊക്കെ ശേഖരിച്ച് ശേഖരിച്ച് പത്ത് മുപ്പത് കിലോമീറ്റർ ദൂരുണ്ട് ചെങ്കത്തിലേക്ക് പോയിട്ട് അവിടെ നിന്നൊരു കമ്പിളി വാങ്ങിച്ചുകൊണ്ട് വന്ന് ആ കമ്പിളി കൊണ്ടുവന്ന് സ്വാമി ഈ കമ്പിളി പൊതയ്ക്കണം ഒരേ വാശി അപ്പൊ മഹർഷി പറഞ്ഞു എനിക്ക് വേണ്ട എനിക്ക് തണുപ്പൊന്നും കുഴപ്പമില്ല നിനക്കാണ് കുടുംബവും കുട്ടികളും ഒക്കെ ഉണ്ടെന്ന് നനക്ക് തണുപ്പും നീ പൊതച്ചോ എനിക്ക് വേണ്ടെന്നു അല്ലെ സ്വാമി നീ പോത്തണോ നീ പോത്തിക്കണോന്ന് പറ അപ്പോ ഇയാൾ ഒരേ വാശി പിടിച്ചപ്പോ അയാള് മേലെ പുതച്ചിരിക്കുന്ന കമ്പിളി മുഴുവൻ കിഴിഞ്ഞ് ദ്വാരായി അതിലത്തെ ദൊക്കെ പോയി കിടക്കണം എന്നിട്ടാണ് ഈ പുതിയതൊന്ന് വാങ്ങിച്ചോണ്ട് വന്നിരിക്കണത് അപ്പൊ മഹർഷി പറഞ്ഞു എനിക്ക് തണുപ്പ് വരാൻ പാടില്ല അതല്ലേ നിനക്ക് ആഗ്രഹം അതെ എന്നാ ഒരു കാര്യം ചെയ്യും ഞാൻ ഇപ്പൊ ഇത് എടുത്ത് പുതയ്ക്കണമെങ്കിൽ എനിക്കൊരു ആശയുണ്ട് അത് സമ്മതിക്കെങ്കിൽ ചെയ്യാമെന്ന് എന്താ നീ പുതച്ചിരിക്കണത് എനിക്ക് തരിക അത് ഞാൻ എടുത്തോളാം ഇത് നീ കൊണ്ടുപോകണമെന്നും അതിലും അവനെങ്ങനെങ്കിലും ഒക്കെ സ്വാമിക്ക് തണുക്കാതിരുന്നാൽ മതി അയാൾ പുതച്ചിരിക്കണത് അയാൾ കൊടുത്തു എന്നിട്ട് ഈ കമ്പിളിയും കൊണ്ട് പോയി അത്രയും ശുദ്ധപ്രിയ അയാൾ പോയി കഴിഞ്ഞിട്ട് ഭഗവാൻ പറഞ്ഞു പിന്നീട് ആ പുതിയ കമ്പിളിയെ പുതക്കായിരുന്നു കാരണം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 ഇങ്ങനെ ആശ്രമത്തിൽ വരുമ്പോ എന്താന്ന് വെച്ചാൽ അവിടെ മുഴുവൻ ചളിയാക്കും ഒക്കെ ഈ കുളത്തില് വെള്ളം മുങ്ങി മുങ്ങിയിട്ട് വന്നൊക്കെ ചളിയാക്കി നാറുകൊക്കെ ചെയ്യും നിർത്തിയില്ല നാറും എന്താന്ന് വെച്ചാൽ പലരും ചിലപ്പോ അന്നായിരിക്കും കുളിക്കണതേ കഴിഞ്ഞ കാർത്തികളെ അന്നായിരിക്കും കുളിക്കണത് അപ്പൊ നാറും അപ്പൊ അതൊക്കെ കണ്ടിട്ട് ആശ്രമത്തിലുള്ളവരൊക്കെ കൂടെ പറഞ്ഞു ഇതിപ്പോ ഭഗവാൻ അടുത്ത് പറയാൻ അവർക്ക് ധൈര്യമില്ല ഇവരൊക്കെ വരണു ഇവരുടെ മാറിയിരിക്കണം നീങ്ങിയിരിക്കണം എന്ന് പറയാൻ നിർത്തിയില്ല ഇവരെ വരാതെ എന്ന് പറയാൻ വൃത്തിയില്ല ഇവർക്ക് ധൈര്യം ഇല്ല അപ്പൊ ഇവരെന്ത് ചെയ്തു കൃഷ്ണസ്വാമി എന്ന് പറഞ്ഞിട്ടൊരു ജോലിക്കാരനുണ്ടായിരുന്നു അയാളെ ഈ ഒരു പത്ത് വർഷം മുമ്പാണ് മരിച്ചത് ആ കൃഷ്ണസ്വാമിയുടെ അടുത്ത് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യ ഭഗവാൻ അവിടെ ഇല്ലാത്ത സമയം നോക്കിട്ട് ആ മുമ്പിൽ ഒരു ഇട്ടിട്ടുണ്ട് ഈ ആളുകൾ നടന്നു പോണേനും അതിന്റെ അടുത്താണ് സോഫ അപ്പൊ ഇത് ഈ റെയിലിങ്സിന് മുമ്പ് കൂടെ ആളുകൾ പോവും അപ്പോ മേലെയൊക്കെ വെള്ളം തെറിക്കും തോടും ഒക്കെ ചെയ്യുവരും അപ്പോ ഭഗവാൻ നടക്കാൻ പോയ സമയം ആ റെയിലിങ്സ് എടുത്തിട്ട് ആ വേലി എടുത്തിട്ട് കുറച്ച് അങ്ങട്ട് തള്ളി ഇട അതേപോലെ അയാള് ആ വേലിയെടുത്ത് തള്ളി അങ്ങട്ട് ഇട്ടു കൊറേ കഴിഞ്ഞപ്പോ മഹർഷി വന്നു ചെയ്യുമ്പോണ്ടേ ഇരിക്കുമ്പോ തന്നെ വന്നു കൃഷ്ണസ്വാമി നീ എന്നെ പണ്ട്ര അപ്പൊ കൃഷ്ണസ്വാമി പറഞ്ഞു ഇതുപോലെ ഓഫീസിലുള്ളവർ പറഞ്ഞു ഇതുപോലെ ആ വേലി അങ്ങോട്ട് തള്ളിയിടാൻ പറഞ്ഞു നാളെ ഈ തിരക്ക് വരും ഭയങ്കര എല്ലാരും ഇങ്ങനെ ഇവിടെ ഒക്കെ ചളിയാക്കും മേലെയൊക്കെ ചളിയാക്കും വെള്ളം വീഴും ഓഫീസിൽ എന്തെങ്കിലും പറഞ്ഞാൽ അത് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നും ഭഗവാൻ പറയില്ല എന്താന്ന് വച്ചാൽ ആശ്രമം തന്റെ തനിക്ക് ഇവിടെ എന്തെങ്കിലും അധികാരം ഒരിക്കലും കാണിച്ചിട്ടില്ല എങ്കിലും തിരുത്തും വേണം അപ്പോ ആ വാശനത് കേട്ടുട്ടിയോ ഇല്ലയോ ഇനി നാ ചത് കൊഞ്ഞെ കേളു ആ വേലി അവിടെ ഇട്ടു അത് മാറ്റാൻ പറഞ്ഞില്ല ഇപ്പൊ പറഞ്ഞെന്താന്ന് വെച്ചാൽ ഈ സോഫ എടുത്ത് അവിടെ ഇട്ടു ഈ കട്ടിലെടുത്തിട്ട് ആ വേലിയിലെടുത്ത് കിടാൻ പറഞ്ഞു അയാള് പറഞ്ഞു എന്നാ ഭഗവാൻ സ്വാമിക്ക് നല്ലതിന് വേണ്ടിയല്ലേ അവർ പറഞ്ഞത് എല്ലാരും വന്ന് തൊടുകയും മേലെ വെള്ളം ഒഴുകയും ഒക്കെ ചെയ്യും ഈ ഗ്രാമത്തിലുള്ള ആളുകള് അവർക്ക് എന്തറിയും അപ്പോ വളരെ വികാരഭരിതനായിട്ട് മഹർഷി പറഞ്ഞു ഓ നീ എന്തു വിചാരിക്കണു ഇവരൊക്കെ ഈ ഗ്രാമത്തിൽ അറിവില്ലാത്തവര് ദരിദ്രങ്ങള് ഒക്കെ ചളി പിടിച്ച് ഇവിടെ വരുന്നു അയാളൊരു വാക്കും പറഞ്ഞു നാളെ രാവിലെ മുതൽക്ക് ഭഗവാൻ ഇങ്ങനെ പറഞ്ഞാലും കേൾക്കില്ല രാവിലെ മുതൽ അവർക്ക് ദർശനം കൊടുത്തുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞു ഓ നീ അങ്ങനെയാണോ വിചാരിക്കണത്തില്ല അപ്പീ ദർ വെള്ളം ദരിദ്രങ്ങൾ വരാ സ്വാമി അയാൾക്ക് ദർശനം കൊടുക്കരുത് നെനച്ചിട്ടിരിക്കോ സ്വാമി അവർക്ക് ദർശനം കൊടുക്കുകയാണെന്ന് നീ വിചാരിച്ചിരിക്കേ അപ്പടിയില്ല പോയി ഇവള യാറ് തരുമാ സാക്ഷാത് അരുണാചല സ്വരൂപം അവ ദർശനം നമുക്ക് കിടക്കണം അതൊക്കെ താഗിരുപ്പ് അവരൊക്കെ സാക്ഷാത് അരുണാചല സ്വരൂപമാണ് അവരുടെ ദർശനം നമുക്ക് കിടക്കണം എന്നാണ് നാരായണഗുരുസ്വാമി ഈ ആലുവായിലെ അദ്വൈതാശ്രമത്തിൽ ഇരുന്ന് ഈ ശിവരാത്രിക്ക് തിരക്ക് വരുമ്പോ അങ്ങനെ നോക്കിയിരിക്കത്രെ ആ നോക്കിയിരിക്കണത് അദ്ദേഹത്തിനൊരു രസാണെന്നാണ് ഈ ജനങ്ങൾ ഇങ്ങനെ വരണതും പ്രവഹിക്കണതും അത് നമ്മൾക്കൊരു സാധാരണ തിരക്ക് കാണാനുള്ള ഒരു ഉത്സാഹം പോലെയാണെന്ന് തോന്നിയേക്കാം പക്ഷെ ആ ആനന്ദം ഇത്രയും ജനങ്ങളെ കാണുമ്പോ ആ ജനങ്ങളുടെ ഉള്ളിലുള്ള ഭക്തിയും ശ്രദ്ധയും ഒക്കെ കാണുമ്പോൾ ആനന്ദം ഈ പുറമേക്കുള്ള ദൃഷ്ടി ആ തിരുവുരുവാണ് തിരഞ്ഞു തേറിടേണം എന്ന് പറഞ്ഞല്ലോ ഈ തേറുക എന്ന് പറയണത് തേർന്തിരുക്കൽ എന്നുള്ളത് എനിക്ക് ഇതൊരു പുതിയ ഒരു പുസ്തകം പറയണ പോലെ തോന്നണില്ല അത് എന്താന്ന് വെച്ചാൽ വാക്കുകൾ പോലെ ഒരേ വാക്കുകളാണ് ഉള്ളത് നാല്പതില് ഇതേ വാക്ക് സിദ്ധമായുള്ള പൊരുളൈ തേർന്തിരുത്തൽ സിദ്ധി തിരസിദ്ധിയെല്ലാം സ്വപ്നവും ആ സിദ്ധികളേ സിദ്ധമായിട്ടുള്ള വസ്തുവിനെ തേർന്തിരുത്തൽ േർന്റഞ്ിരഞ്ഞ് സകലവസ്തുക്കളിലും പ്രകാശിക്ായൂതേഷ പശ്യേത് ഭഗവത്ഭാവം ആത്മന ഭൂത ഭാഗവത്ത സമം സർഷു ഭൂത തിഷന്തം പരമേശ്വരം വിനശ്യത്സു അവിനശ്യന്തം യു പശ്യ സ പശ്യത്തി യസ് സർവാണി ഭൂതമഭൂത്ത് വിജാന തോ മോഹ കർവാണി ഭൂതന്യേവാനുപ്യഭൂതേഷു ചത്മാനം തോന്നുപ്സത്തെ ശ്രുതി സ്മൃതികള് മഹാപുരുഷന്മാരുടെ വചനങ്ങളൊക്കെ തന്നെ പിള്ളേർ സ്കൂളിൽ കോപ്പി അടിച്ചിട്ട് എഴുതുന്ന പോലെ എഴുതിരിക്ക ഒക്കെ ഒരേ പോലെ ഒരാൾ എഴുതിയത് ഒരാൾ എഴുതിയതുപോലെ തന്നെ ഇത് എവിടെ നിന്ന് വരണു ദർശനം എല്ലായിടത്തും ഒരുപോലെ തന്നെ അനുഭവം എല്ലായിടത്തും ഒരുപോലെ തന്നെ ആ അനുഭവത്തിന്റെ മൂലം അതിൻ്റെ സത്തയാണ് നമ്മളുടെ ഹൃദയത്തിൽ അഹമഹമഹമെന്ന് അനുഭവപ്പെടുന്നത് ഈ അഹത്തിനെ അറിഞ്ഞാൽ സകലതും ആ സത്ത അറിയാം അതും ഇതുമല്ല നമ്മളെ കുറിച്ച് ചോദിക്കുമ്പോൾ നമുക്ക് പറയാനുള്ളത് അതും ഇതുവുമാണ് ടോക്സിലൊരിടത്ത് മഹർഷിയുടെ അടുത്ത് ഒരാൾ ചോദിക്കുന്നുണ്ട് ടു ബി പാട്രിയോട്ടിക് ഇസ് നോട്ട് നോട്ട് അവർ ഡ്യൂട്ടി ടു ബി പാട്രിയോട്ടിക് ചോദിക്കണേ അപ്പൊ ഭഗവാൻ പറയുന്നു ടോക്സിൽ ടു ബി ദിസ് ഓർ ദാറ്റ് ഇസ് നോട്ട് യുവർ ഡ്യൂട്ടി യു ആർ ഇസ് ദ പർപ്പസ് ഓഫ് ലൈഫ് ഓർ ദാറ്റ് അതും ഇതുമല്ല നമ്മൾ എപ്പോഴും അതും ഇതുമാവാണെ നമ്മളുടെ അഭിമാന വൃത്തിക്ക് സ്വഭാവം തന്നെ അതും ഇതും ആയിക്കൊണ്ടേയിരിക്കലാണ് എന്തെങ്കിലുമൊക്കെ ആവും ഈ അതും ഇതുമാവാതെ ലോകത്തിൽ വ്യവഹരിക്കാനേ പറ്റില്ല ജാതി വർണ്ണം ആശ്രമം മാത്രല്ല ഇന്നത്തെ കാലത്താണ് നമ്മൾ ഡോക്ടറാണ് എഞ്ചിനീയർ സാമൂഹിക നേതാവാണ് അല്ലെങ്കിൽ ഞാൻ പുരുഷനാണ് സ്ത്രീയാണ് അല്ലെങ്കിൽ നമ്മളുടെ എന്ത് അച്ഛനാണ് അമ്മയാണ് ഒക്കെ തന്നെ ഇതൊക്കെ തന്നെ അതും ഇതും ആവലാണ് അങ്ങനെ അതും ആവാതെ വ്യവഹരിക്കാൻ പറ്റുമോ സ്വാമി ലോകത്തിലെന്ന് ചോദിച്ചാൽ ലോക വ്യവഹാരം നടക്കും അതിലൊക്കെ അതും ഇതുമൊക്കെ ആയിട്ട് ഇരുന്നോട്ടെ മറ്റുള്ളവര് നമ്മളുടെ പേരിൽ സീലി വെക്കുമ്പോ അതാണ് ഇതാണ് അങ്ങനെയാണ് അങ്ങനെയാണ് ഇരുന്നോട്ടെ അതിനോട് നമ്മൾ ചണ്ടകൂടാനൊന്നും പോണ്ടാകാം പക്ഷെ നമ്മളുടെ സത്തയിൽ നമ്മളുടെ അനുഭവമണ്ഡലത്തിൽ പ്രതിക്ഷണം പ്രതിബോധം നമ്മള് സത്തയെ തിരഞ്ഞു തേർന്നിടയണം ആ തിരഞ്ഞു തേർന്ന്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 ഇതിനു പുറകിൽ ഇതൊന്നും കൊണ്ടും ബാധിക്കപ്പെടാതെ ഏതൊരു പൂർണ്ണതയുണ്ടോ അതാണ് എന്റെ സ്വരൂപം എന്നറിഞ്ഞ് അതുമിത്തുമല്ല അസദർത്ഥമല്ല അത് ശൂന്യമല്ല സച്ചിതമൃതമെന്നു തെളിഞ്ഞ ധീരനായി അതുമിതുമല്ല അസദർത്ഥമല്ല അഹം സച്ചിതമൃതം ഈ അഹം എന്നുള്ളത് ഉള്ളതാണ് ചിത്ത് എന്ന് വെച്ചാൽ ജ്ഞാനം ശാന്തി ആനന്ദം ഒക്കെ ഉള്ളതാണ് അമൃതം എന്നുവെച്ചാൽ മരണത്തിന്റെ അനുഭവം പ്രതീതി ഒരിക്കലും അതിനെ സ്പർശിക്കുകയല്ല മരണത്തിന്റെ പ്രതീതിക്കും ഈ അഹം എന്ന അനുഭവത്തിനും കൂടി ചേർന്ന് പോകാനേ പറ്റില്ല മരണത്തിന്റെ പ്രതീതിയൊക്കെ മനസ്സിലും ഇന്ദ്രിയങ്ങളിലും ബുദ്ധിയിലും ഈ അഹം ബോധത്തിനെ സ്പർശിക്കില്ല അതുകൊണ്ടാണ് നമ്മള് മരണത്തിനെ കുറിച്ചൊക്കെ കേട്ടാ പോലും കുറച്ചുനേരം കഴിഞ്ഞാൽ മറന്നുപോണത് എത്ര മരണം കേട്ടാലും ആരൊക്കെ പറഞ്ഞാലും പുക്കം വായിച്ചാലും കുറച്ച് കഴിയുമ്പോൾ ഈ രണ്ടാം ലോകമഹായുദ്ധത്തിൽ ജയിലിൽ കിടന്നവരുടെ കാര്യം പറഞ്ഞല്ലോ അവർ പോലും മറന്നുപോയി നിങ്ങളെ കൊല്ലാമ്പൂണെന്നൊക്കെ പറഞ്ഞു കുറച്ചുനേരമൊക്കെ അവർ പേടിക്കും അത് കഴിഞ്ഞാൽ അവർ ചീട്ട് ചെയ്തിരുന്നു എന്താന്ന് വെച്ചാൽ വലിയ ആശ്ചര്യമാണത് മറന്നുപോകണു ഇങ്ങനെ മറക്കാൻ പറ്റും മരണം ഉണ്ടെങ്കിൽ മരണത്തിന് മരണം എന്ന് പറയണത് ബുദ്ധിയിൽ വരുന്ന ഒരു ചിന്തയാണ് അത് കഴിഞ്ഞാൽ അത് പോകും പിന്നെന്തുണ്ട് സച്ഛിത അമൃതം ഇതൊരു കോൺസെപ്റ്റായിട്ട് സ്വീകരിച്ച പ്രയോജനമാവില്ല നമ്മൾക്ക് മരണമില്ല എന്ന് പറഞ്ഞു എന്നിട്ട് ചിലരൊക്കെ പറയും അങ്ങനെ അറിഞ്ഞിട്ടും എന്താ ഈ ആസ്പത്രിയിൽ പോയിട്ട് നമുക്ക് സൂക്കേടൊക്കെ പറയുമ്പോ പേടി തോന്നണല്ലോ എന്നാണ് അത് ഈ മരണമില്ല എന്നുള്ളത് എങ്ങനെയൊരാശയമോ അതുപോലെയാണ് ഈ പേടിയൊരാശയം പേടിയൊരാശയം വരണം മരണമില്ല ഒരാശയം വരണം അത് കരില്ല മനസ്സുകൊണ്ടല്ല ഈ അഭയം വരണത് സത്തയെ പ്രത്യഭിജ്ഞ കൊണ്ട് അറിയുമ്പോഴാണ് അഭയം അവിടെ ഉണ്ട് അത് മനസ്സുകൊണ്ടല്ല മനസ്സിന് ഉപയോഗിച്ച പേടിക്കാതെ നിർത്തിയില്ല മനോമണ്ഡലത്തിലല്ല സച്ചിത് അമൃതമെന്നു തെളിഞ്ഞ് എന്നാണ് അത് അറിഞ്ഞെന്നല്ല ചിന്തിച്ചെന്നല്ല തെളിഞ്ഞ് എന്നുവച്ചാ അത് ഉണ്ട് ഉള്ളതിനെ തെളിഞ്ഞു കാണുക തെളിഞ്ഞ് ധീരനായി ധീരത എന്തിനാ വ്യവഹാരത്തിന് നമുക്ക് വ്യവഹാരം ഹാബിറ്റ് ആണ് അതുകൊണ്ട് ആ സത്തയിൽ സാമാന്യസത്തയില് സ്വരൂപത്തിൽ ഇരിക്കാൻ നമുക്ക് ധൈര്യം വരില്ല നമ്മളുടെ ഒക്കെ നഷ്ടപ്പെട്ടു പോവുകയോ തോന്നും സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന ആളെ എഴുന്നേപ്പിച്ചാൽ ചിലപ്പോൾ ഇഷ്ടാവില്ല കാരണം സ്വപ്നത്തിൽ അയാൾ മാർത്താണ്ഡ സ്വപ്നം കാണുകയാണ് എഴുന്നേറ്റാൽ സാമ്രാജ്യം പോവും സാമ്രാജ്യമാണ് നഷ്ടമാവണത് അതുപോലെ നമുക്കിവിടെ പലതും ഉണ്ട് അയ്യോ ഇതൊക്കെ പോയി പോവും ഇതൊക്കെ ആവാതിരിക്കാൻ എന്താ ഈ ഭ്രാന്ത് പിടിച്ച ചിലപ്പോ അവർക്ക് ആ ഭ്രാന്ത് സമയത്ത് ചിലതും തോന്നും െ അത് വിടാൻ അയാൾക്ക് ഇഷ്ടല്ല അയാൾക്ക് അത് ഇഷ്ടമല്ല ആ ഭ്രാന്ത പിടിച്ച് നിക്കുന്നതിലാണ് അവർക്ക് സുഖം അതുപോലെ നമ്മൾക്ക് എന്തോ ആണ് ചിന്തിക്കുന്നത് ഒരു അഡിക്ഷൻ ആയിരിക്കുമ്പോ അതും ഇതുമായിട്ട് നിക്കുന്നത് നമുക്കൊരു സുഖമായിട്ടിരിക്കുമ്പോ അത് വിടാൻ പറഞ്ഞാൽ നമ്മൾ തയ്യാറാവില്ല ഈ അതും ഇതും ഒക്കെ വിഷമാണെന്നും വികല്പാണെന്നും ദുഃഖമാണെന്നും അറിഞ്ഞു കഴിഞ്ഞാലാണ് അത് വിട്ട് സച്ചിതമൃതമെന്നു തെളിഞ്ഞ ധീരനായി സദസതി പ്രതിപത്തി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 ഉകാരോ മകാരെ മകാര അഹങ്ക അഹങ്കോ അഹമിയേവ ല പഞ്ചീകരണം പഞ്ചീകരണം ഒരു ശ്ലോകാണ് അകാരെ ഉകാരോ മകാരെ മകാര അഹങ്കേ അഹങ്കോ അഹമി സത്തയിൽ തന്റെ സ്വരൂപത്തിൽ പ്രണവജപം ഒരു സാധനയാവണത് മനസ്സിനെ സ്വരൂപത്തിലേക്ക് ാണ് അങ്ങനെ സതസതി പ്രതിപത്തി അറ്റ് സത് ഓം ഇതി മൃദുവായി മൃദുവായി എന്ന് വെച്ചാൽ മനസ്സുപയോഗിക്കാതെ ബുദ്ധി ഉപയോഗിക്കാതെ ശരീരം ഉപയോഗിക്കാതെ ഉപാധികളെ മുഴുവൻ പ്രകൃതിയിൽ വിസർജിച്ചിട്ട് താൻ താനായി വളരെ ലാഘവത്തോടെ അഭിമാന ചലനത്തിനെ ആശ്രയിക്കാതെ ചുമ്മാ ഇരിക്കലാണ് ഈ ചുമ്മാ ഇരു എന്നുള്ളത് തമിഴ് വേദാന്തത്തില് ഒരുപാട് വരണ വാക്കാണ് ചുമ്മാ ഇരു തിരുവനന്തപുരത്തിൽ ഒരാള് ഈ ഏകദേശം പാട്ടുകളെ ശേഖരിച് തിരുമൂലർ മുതൽ മുരുകനാഥസ്വാമി വരെ പാടിയവരുടെ പാട്ടുകളൊക്കെ ശേഖരിച്ച് ചുമ്മാ സൂത്രം എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് ആ പാട്ടുകൾ മാത്രം അർത്ഥവും അതിലെല്ലാ പാട്ടുകളിലും പലരും പാടിയതാണ് അതിലൊക്കെ ഈ ചുമ്മാര് വരും അരുണഗിരിനാഥർ പറയണ് ചുമ്മായിര് അമ്മാരുളൊണ്ട്രും മറിന്ദിലേ ആ ചുമ്മാര് എന്ന് പറഞ്ഞാൽ സഹജസ്വരൂപത്തില് സ്ഥിതനാവൂ എന്നർത്ഥം താൻ താനായിരിക്കലാണ് അങ്ങനെ മൃദുവായി അത് അതിനേക്കാളും മൃദുവായി ഒന്നും ഉണ്ടാവാൻ പറ്റില്ല ആ മാർദ്ദവം പോണത് അഹങ്കാരം കൊണ്ടാണ് അഭിമാന വൃത്തി ആ അഭിമാന വൃത്തിയുടെ ചലനമില്ലാതെ സഹജമായിട്ട് നാടിനരമ്പുകൾ ഒന്നും എഴുത്തുവലിച്ച് പിടിക്കുന്നില്ല അതൊക്കെ എഴുത്തുവലിച്ചു പിടിക്കുന്നത് എപ്പോഴാ അഭിമാനവൃത്തി ഉള്ളപ്പോഴാണ് ഈ അഭിമാനവൃത്തി ഇല്ലെങ്കിൽ നമ്മളുടെ ആ സ്ഥിതി ഇപ്പൊ നമ്മൾ ധ്യാനം എന്നൊക്കെ പലപ്പോഴും പറയണ യോഗസ്ഥിതി ഉണ്ടല്ലോ അത് കുറച്ച് നേരത്തിന് ഇരിക്കാൻ പറ്റില്ല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 സത്യത്തിൽ ഇരുന്നിടേണം അതുമാത്രമായി അമർന്നിടേണം ആ സത്യം തന്നെയായി സ്വരൂപത്തിൽ ഇളകാതെ നകിഞ്ചിതഭി എന്ന് പറഞ്ഞ ഭഗവാൻ പറഞ്ഞ അങ്ങനെ ആയിരിക്കലാണ് ഈ ഉള്ളിലുള്ള ഈ ആഗത്തിന്റെ അവഭൃദം स्वात्तील आ च मनो निवृत्ति परमोपशांति साधवर्या मणिकर्णिकाच्ञान प्रवाह विमलागंगा साहबोध आ अदीर्थम आती പിന്നെ പുറമേക്കുള്ള തീർത്ഥങ്ങളൊന്നും വേണ്ട പുറമേക്കൊന്നും അരഞ്ഞു നടക്കേണ്ട ആവശ്യമില്ല സംതൃപ്തനാവും ധന്യനാവും കൃതകൃത്യനാവും സന്തുഷ്ടനാവും ശാന്തനാവും ശാന്തിയെ നമ്മളുടെ സ്വരൂപമാവും അതറിഞ്ഞ ശേഷം പ്രാരബ്ധം കൊണ്ട് വ്യവഹരിക്കേണ്ടി വന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ ആണ് പെണ്ണു വേഷം കെട്ടി നാടകത്തിൽ എത്ര നേരം കളിച്ചാലും എത്ര തന്നെ തന്മയത്തോടു കൂടെ കളിച്ചാലും ഉള്ളിൽ താൻ ആണാണെന്നുള്ളത് മറക്കേയില്ല അതുപോലെ എന്തൊക്കെ തന്നെ പ്രപഞ്ച വ്യവഹാരത്തിൽ എന്തൊക്കെ തന്നെ ചെയ്താലും അയാളുടെ ഉള്ളില് തന്റെ സ്വരൂപം എന്താണെന്നുള്ളതിന്റെ ബോധസ്മൃതി ഉണ്ടാവും ക്രിയാജന്യസ്മൃതിയല്ല ബുദ്ധിയിലുള്ള ജന്യസ്മൃതിയല്ല സമ്പന്ധജന്യസ്മൃതിയല്ല ബോധജന്യസ്മൃതി ഉണ്ടാവും അതുകൊണ്ട് തന്നെ അതൊരിക്കലും വിട്ടുപോവില്ല ക്രിയാജന്യസ്മൃതി ക്രിയ വിട്ടുപോയാൽ വിട്ടുപോകും ബുദ്ധിയിൽ വരണ സ്മൃതി ബുദ്ധിക്ക് എന്തെങ്കിലുമൊക്കെ കേടുവന്നാൽ മറന്നുപോകും പക്ഷെ ബോധജന്യസ്മൃതി ഒരിക്കലും വിട്ടുപോകില്ല അത് സദാ തന്നിൽ ഇരിക്കുന്ന ഉണ്ടാവും അതാണ് തണ്ടാരിൽ വീണ മധുപുണ്ടാരമിക്കും ഒരു വണ്ടാണ് സൂര്യ സുഹൃത്തി എന്ന് ആ ഹൃദയ തേൻ നുകർന്ന് ഹൃദയത്തില് മാത്രല്ല കണ്ണു തുറന്നു ലോകം കാണുമ്പോഴും അയാള് തേനാണ് നുകരുന്നത് ഭാഗവതത്തില് പ്രചേതസ്സുകൾക്ക് രുദ്രൻ ഉപദേശിക്കുമ്പോൾ പറയുന്നു ഈ തത്വമറിഞ്ഞ ആള് കണ്ണു തുറന്നിരുന്ന് തേൻ നുകരുമെന്നാണ് അസഗത് ഋഷീക ചഷകൈഹി വീണ്ടും വീണ്ടും ഋഷീക ചഷകൈ ഇന്ദ്രിയങ്ങളാവുന്ന കൊണ്ട് പാത്രങ്ങൾ ദൃശ്യം ശ്രാവ്യമൊക്കെ തന്നെ മധുവായിട്ട് എടുത്ത് കുടിക്കും ഈ മധുവിദ്യയാണ് ഉപനിഷത്തിലെ ദദ്യംഗധർവണൻ പറഞ്ഞു കൊടുത്തത് അശ്വിനിദേവന്മാർക്ക് ഈ മധുവിദ്യ പറഞ്ഞു കൊടുത്തത് ഇന്ദ്രൻ പറഞ്ഞു ഇത് ഇനി പറഞ്ഞു കൊടുത്താൽ എന്റെ തല ഞാൻ വെട്ടിക്കളയുന്നതാണ് ഇന്ദിരൻ അപ്പൊ ദദ്യംഗ് അധർവണൻ പറഞ്ഞു ഇത് ഞാൻ എങ്ങനെ പറഞ്ഞു കൊടുത്തരും അപ്പൊ അശ്വിനി ദേവന്മാര് വലിയ ഡോക്ടർമാരാണ് സൂപ്പർ സ്പെഷ്യാലിറ്റിക്ക് മേലെ സ്പെഷ്യാലിറ്റിയാണ് അവർ അവര് പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യൂ നിങ്ങളുടെ തല ഞങ്ങൾ ആദ്യമേ എടുത്തു മാറ്റി വെക്കാം എന്നിട്ടൊരു കുതിരത്തല വെച്ച് തരാം അതുകൊണ്ട് ഉപദേശിക്കൂ എന്നിട്ട് ഇന്ദ്രൻ വന്ന് വെട്ടിയിട്ട് പോയിക്കോട്ടെ ഞങ്ങൾ പഴയ തല ഫിറ്റ് ചെയ്ത് തരാമെന്നോന്നു അതേപോലെ തന്നെ തലയെടുത്ത് മാറ്റി വെച്ച് കുതിരത്തല വെച്ചു കൊടുത്ത് സത്യോപദേശം തത്വോപദേശം ചെയ്തു ഇന്ദ്രൻ പറഞ്ഞ പോലെ തലവെട്ടി പഴയ തല ഫിറ്റ് ചെയ്തു You have to hear the truth from horse-mouth Nuru Cholanda. That is the one that is. The Dhyanga-Darvana Nupadhesi Chathana Ashwini Devanmark Madhubidhyam Madhubatartayate Madhuksharanti sindhavah Madhvirnasandoshati Madhunakta Mutoshasi Madhumat Parthivagumrajah മധുമാോ വനസ്പതി മധുമാകും അസ്തു സൂര്യ മാധ്വീർ ഗാവോ ഭവന്തുന ശ്രുതി ഇതിനൊക്കെ മധു എന്ന് പറയാണ് ആ മധു തേൻ തേൻ പോലെ മധുരിക്കുന്നാണ് മധുവാതാ ഋതാ ഋതുക്കളൊക്കെ മധുവാണ് കാറ്റ് മധുവാണ് മധുക്ഷരന്തി സിന്ധവ നദികളും സമുദ്രവും ഒക്കെ മധുവാണ് രാവ് മധുവാണ് പകലും മധുരാണ് സൂര്യോദയം പ്രഭാതം മധുവാണ് നമ്മള് ഇപ്പൊ കാണുന്ന മധു ചിലർക്ക് ഇങ്ങനെയൊക്കെ മധുവാണല്ല രാമകൃഷ്ണദേവനെ കണ്ടപ്പോ അങ്ങനെ ഒരാള് ചോദിച്ചു കാളിപാദഘോഷം എന്താന്ന് വെച്ചാൽ രാമകൃഷ്ണദേവൻ അങ്ങനെ ആടിയാടി വരണത് കണ്ടപ്പോ ഇയാള് പതുക്കെ ചെന്ന് എന്താന്ന് വെച്ചാൽ ബംഗാളിൽ താന്ത്രികന്മാരൊക്കെ കുടിക്കണവരാണ് അപ്പൊ അങ്ങനെ വലതു ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് അടുത്ത് ചോദിച്ചു ചരക്ക് നാടനോ വിദേശമോന്ന് ചോദിച്ചു അപ്പൊ രാമകൃഷ്ണദേവൻ പറഞ്ഞു നല്ല നാടനാണ് ഒരു പ്രാവശ്യം കുടിച്ചാ ജീവിതം മുഴുവൻ ലഹരി പിടിക്കും വേണോ എന്ന് ചോദിച്ചു ഒരു പ്രാവശ്യം കുടിച്ച ജീവിതം മുഴുവൻ ലഹരിയാണ് അങ്ങനെയുള്ള ആനന്ദ ലഹരിയാണ് ഈ അനുഭൂതി അതിലിരുന്നു കൊണ്ടാണ് ഗുരുദേവൻ നമ്മളെ ഇങ്ങനെയൊക്കെ അനുഗ്രഹിച്ചത് നമ്മൾക്കും ഗുരുദേവകൃതികളെ പഠിച്ച്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 പക്ഷെ ആ ഒരു കുറവ് നാരായണ ഗുരുദേവന് എഴുതിയതോടുകൂടെ തീർന്നു അദ്വൈതദേവിക ആത്മോപദേശതകവും വേദാന്തത്തിലുള്ള ഒരു കൃതിക്കും ചുവട്ടലല്ല അത് നമുക്ക് മലയാള ഭാഷയിൽ തന്നെ വളരെ പ്രൗഢമായി പ്രൗഢഗംഭീരമായി പ്രശാന്തമായി സ്വാനുഭവ രസത്തോടുകൂടെ ഇത്രയധികം കൃതികള് അവിടുന്ന് നമുക്ക് കിട്ടിയും അതിനു മുമ്പ് നമുക്ക് പറയാവുന്നത് അധ്യാത്മരാമായണവും ഹരിനാമ കീർത്തനവും ഇത്തരം കുറച്ച് കൃതികള് അറിയപ്പെട്ടിരുന്നുള്ളൂ അതൊക്കെ ശുദ്ധമായി വേദാന്ത മാത്രമായുള്ള കൃതികൾ പറയാൻ ഒന്നും നമുക്ക് പറയാനുണ്ടായിരുന്നില്ല ഇപ്പൊ ഇത്രയൊക്കെ കിട്ടിയത് നഷ്ടപ്പെട്ടു പോവാൻ പാടില്ല നഷ്ടപ്പെട്ടു പോവില്ല അത് എങ്കിലും ഇനിയും ശ്രദ്ധയോടുകൂടെ ആളുകൾ ഇത് അറിഞ്ഞ് പഠിച്ച് അത് നമ്മൾക്ക് ശരിക്കും അങ്ങോട്ട് അറിഞ്ഞിട്ടില്ലെങ്കിൽ വെറുതെ മനനം പാടിയാ മതി ഇവിടെ ആദ്യം പാടിയ കുട്ടി ആ കുട്ടി പാടിയത് തന്നെ അതിന്റെ ഒരു അർത്ഥാണ് അങ്ങനെ പാടി പഠിച്ച് മനനം ചെയ്ത് പാരായണം ചെയ്താൽ പോലും അതൊരു കാരണമായിട്ട് തീരും നമ്മുടെ ഭാഷയാണല്ലോ അതുകൊണ്ട് വ്യാഖ്യാനിക്കാനൊന്നും നമുക്ക് പാള കിട്ടിയിട്ടില്ലെങ്കിലും വെറുതെ അത് വ്യാഖ്യാനിച്ച് വഷളാക്കാൻ പാടില്ല നമുക്ക് വ്യാഖ്യാനിച്ചിട്ടില്ലെങ്കിലും വേണ്ടില്ല അറിയണവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വ്യാഖ്യാനിക്കാം ഇല്ലെങ്കിൽ ഉള്ള വ്യാഖ്യാനം എന്തെങ്കിലുമൊക്കെ പഠിക്കുകയോ ഇല്ലെങ്കിൽ പാരായണം ചെയ്ത് രസിക്കുകയോ ചെയ്താൽ തന്നെ മതി നമുക്ക് എപ്പോ ആ കൃപ ഉള്ളിൽ ഉണ്ടാവോ അപ്പോ അപ്പോ ഉള്ളിൽ അല്പ അല്പമായി പ്രകാശിച്ച് നമുക്കത് അനുഭവത്തിന് കാരണമായിട്ട് തീരും അനുഭവം വരുംതോറും ഈ ഗ്രന്ഥങ്ങളിലൊക്കെ അർത്ഥവും നമുക്ക് പല ഭാവത്തിൽ പ്രകാശിക്കും ഒരു കാലത്തും പഠിച്ച് തീരില്ല അത് പഠിച്ച് തീർന്നു എന്ന് പറയാൻ പറ്റുക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 ആ അരുള് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാണ് ഇവിടെ വന്ന് കുറച്ചു നേരം മൂന്ന് ദിവസം ആത്മോപദേശതകം അനുസന്ധാനം ചെയ്യാനൊരു സന്ദർഭമുണ്ടായി വളരെ സന്തോഷമുണ്ട് മേൽക്കുമേൽ ഇത് നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാനും ഈ വാക്കുകൾ ആ സദ്ഗുരു തന്നെ അർപ്പിക്കോ മെതി ത്വമസ് യഥാഷ്ടം ഗുരുമാം തന്നണം ഭജാമ